പൂർവ്വമീമാംസയായാലും ഉത്തരമീമാംസയായാലും ജൈമിനീയ സൂത്രങ്ങളായാലും പാതരായണ സൂത്രങ്ങളായാലും ഇവിടെയെല്ലാം നടക്കുന്ന എന്താണ് വേദാർത്ഥ വിചാരമാണ് കാരണം ശരിയായ ബ്രഹ്മത്തെ കുറിച്ച് അറിവ് എവിടെ നിന്നെ ഉണ്ടാവും വേദത്തിൽ നിന്നേ ഉണ്ടാവും അതുകൊണ്ട് ഉത്തരമീമാംസയില് വേദത്തെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുള്ളൂ എന്ന് പരിശോധിക്കുമ്പോഴും പൂർവമീമാംസയിലെ വേദാർത്ഥത്തെ വിചാരം ചെയ്യാനെടുത്തിട്ടുള്ള പൊതുവായ ചില നിയമങ്ങളുണ്ട് അതൊക്കെ സ്വീകരിക്കേണ്ടി വരും കാരണം വേദാർത്ഥ വിചാരത്തിന്റെ ആചാര്യൻ എന്ന് പറയുന്നത് ജൈമിനിയാണ് ജൈമിനിയെ പൂർണമായും തള്ളിക്കളഞ്ഞിട്ട് അർത്ഥ ചെയ്യാൻ പറ്റില്ല പക്ഷെ സിദ്ധാന്തം ജൈമിനി പറയുന്നത് കർമ്മത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെയാണ് പാരായണം പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ് സിദ്ധാന്തം രണ്ടാണെങ്കിലും വിചാരം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആ രീതി ഉപയോഗിക്കണം അവരുടെ വേദവിചാരത്തിന്റെ രീതി അതിന് ചില വ്യത്യാസങ്ങളൊക്കെ വരും എന്നാണ് പൊതുവായ രീതി സ്വീകരിക്കുന്നത് കെമിസ്ട്രിയും ഫിസിക്സും രണ്ട് സബ്ജക്റ്റാണ് പക്ഷെ അതിൽ പൊതുവായ ചില രീതികളുണ്ട് അത് സ്വീകരിക്കുന്നു അതുപോലെയാണ് ഈ പറഞ്ഞ കാര്യത്തിന് പ്രമാണമായി പറയുന്നത് തഥാച പരമർശം സൂത്രം പരമർഷി പ്രണീതമായ സൂത്രം പരമർഷി എന്ന് പറയുന്നത് മീമാംസാസൂത്രകർത്താവായ ജെയിമി പരമശ്ചാസ വിശിഷ്ട സന്ഹത്പരമ കൃഷ്ണ പൂജ്യമാനസോത്ത പരമ അങ്ങനെ അതുപോലെ അപ്പൊ ഈ പരമർഷം സൂത്രം പരമർഷിപ്രണീതമായ സൂത്രമാണ് സൂത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അദ്വൈതീയത അപ്പൊ അതെല്ലാം നിയമങ്ങളെല്ലാം സ്വീകരിക്കുന്നു അപ്പോ അപൂർവത്തെക്കാൾ പരത്തിന് ബലമെന്നാണ് നേരത്തെ പറഞ്ഞത് ആ പൂർവ്വത്തെക്കാൾ പരത്തിൽ നിന്ന് ബലം എന്നുള്ളതിനു പറഞ്ഞതിന് നേരത്തെ കുമാരല ഭട്ടൻ പറഞ്ഞത് കൊടുത്തു ഉദാഹരണം അത് ജ്ഞാനത്തെ വെച്ചുകൊണ്ടാണ് യഥാർത്ഥ ജ്ഞാനത്തെക്കാളും ബലം യഥാർത്ഥ ജ്ഞാനത്തിനാണ് യഥാർത്ഥ ജ്ഞാനമാണ് ആദ്യം ഉണ്ടാവുന്നത് പിന്നീടാണെന്തുണ്ടാവുന്നത് യഥാർത്ഥത്തിനും പക്ഷെ അതിനാണ് ബലം അതേ കാര്യം തന്നെ കുമാരലഭട്ടൻ എന്ന് പറയുന്നത് എന്താണ് ഈ ജമിനിയുടെ സൂത്രങ്ങളുടെ ഭാഷ പറഞ്ഞാണ് ഭാഷവേദി ആരാണ് ശബരസ്വാമിയുടെ ഭാഷ അതിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന ആളാണ് കുമാരന പട്ടം മൂന്ന് ആയിട്ട് തന്ത്ര ശ്ലോകവാർത്തകളും തന്ത്രവാർത്തകളും ട്രപ്റ്റിയ ആദ്യഭാഗം തന്ത്ര വാർത്തകം പിന്നെ ആദ്യഭാഗം ശ്ലോക വാർധിക്കും പിന്നെ തന്ത്ര വാർത്തകൾ പിന്നെ ട്രിക്കും അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എടുത്ത് കാണിക്കുന്നത് ഇവരെല്ലാം വേദത്തിന്റെ അർത്ഥ വിചാരം ചെയ്തവരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾക്ക് വേണ്ടി ഇവരെല്ലാം പരിശോധിക്കേണ്ടി വരും അല്ലാ വേദത്തിനുണ്ടെന്ന് പറഞ്ഞാൽ മറ്റാരും അത് അംഗീകരിക്കത്തില്ല വേദത്തിൽ എങ്ങനെ കണ്ടെത്തി അതാണ് ണോ പറഞ്ഞത് നേരത്തെ എന്തു പറഞ്ഞു അതിന് പ്രമാണമായിട്ടാണ് അടുത്ത് പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞെന്താണ് രജിതജാന കനീയസ ബാധദർശന രചിതജ്ഞാനം ജ്യേഷ്ഠനാണെങ്കിലും അനിയനായ ശക്തിജ്ഞാനം എന്തു ചെയ്യുന്നു ഞാനെ ബാധിച്ചു പറഞ്ഞു നടത്തും തത് അനപബാധനേ തത് അപബാധാത്മന തസ് ഉത്പത്തേ അനുപത്തെ അതിനെ ബാധിക്കാതിരുന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠന ആര് ബാധിക്കാതിരുന്നു കഴിഞ്ഞാൽ അനുയ അതാണ് അനുപബാധനേ തത് അപബാധാത്മനഹ അതിൻ്റെ ബാധസ്വരൂപമായ ഏതിന്റെ ബാധസ്വരൂപം ജ്യേഷ്ഠന്റെ ബാധസ്വരൂപമായ തസ്യ ആരുടെ അനിയന്റെ ഉത്പത്തി അനുപത്തെ അത് അത് ഉണ്ടാകുക തന്നെ ഇപ്പൊ ഭ്രമജ്ഞാനത്തിന്റെ ബാധരൂപമാണ് എന്ത് ബാധരൂപണെന്ത് യഥാർത്ഥം ഞാൻ അങ്ങനെ ബാധിക്കാന്ന് പറഞ്ഞില്ലാതെ ആദ്യം രജതജ്ഞാനം ഉണ്ടായി പിന്നീട് ശുദ്ധിജ്ഞാനം ഉണ്ടായി അപ്പോൾ ശുദ്ധിജ്ഞാനം ഉണ്ടാകുന്നത് തന്നെ എങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കി കൊണ്ടാണ് രണ്ടും കൂടെ ഒരേ സുഖം നിക്കാനുണ്ടാവുന്ന അപ്പോ മറ്റത് പോയി അപ്പോ ശുദ്ധിജ്ഞാനം ഉണ്ടാവണമെങ്കിൽ മറ്റത് നശിച്ചു തന്നെ തീരണം മറ്റൊന്ന് നശിപ്പിച്ച നിലനിൽക്കത്തുള്ളൂ രണ്ടും കൂടെ ഒരുമിച്ചിരിക്കത്തില്ല എന്നാ അതിനെ ആശ്രയിച്ചല്ലേ എന്നുണ്ടോ പരസ്പരം ഇതിനാശ്രയവുമില്ല ഒന്നിനെ ആശ്രയിച്ച് വേറെ ഒന്നുണ്ടാകുകയല്ല ആദ്യം വെള്ളി എന്നുള്ള ഞാനുണ്ടായി അടുത്ത മുത്തുച്ചുപ്പി എന്നുള്ള ഞാനുണ്ടായി ഇത് പരസ്പരം ഈ രണ്ട് ഞാനങ്ങൾ തമ്മിൽ ആശ്രയിക്കുന്നില്ല പക്ഷെ രണ്ടാമത്തെ അറിവുണ്ടാവുന്ന ആദ്യത്തെ നശിപ്പിച്ചുകൊണ്ടേ ഉണ്ടാവും എന്നാ ഇപ്പൊ ബലവേദന അതാണ് തത് എന്ന് വെച്ചാൽ രത രതജ്ഞാനത്തെ ബാധിക്കാതിരുന്നാൽ തത് അതിന്റെ ബാധരൂപത്തിലുള്ള അതിന്റെ രജതജ്ഞാനത്തിന്റെ ബാധരൂപത്തിലുള്ള തസ്യ എന്ന് വെച്ചാൽ ശുക്തിജ്ഞാനത്തിന്റെ ഉത്പത്തേഹെ അനുപത്തെ ഉത്പത്തി സംഭവിക്കുന്നില്ല ഉത്പത്തിയുടെ അനുപത്തി എന്ന് പറഞ്ഞാൽ ഉത്പത്തിയില്ല ഉത്പത്തി എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല ദർശിതഞ്ച താത്വിക പ്രമാണഭാവസ്യ അനപേക്ഷിതത്വം അതിനാണ് ഇനി അടുത്ത് എന്തു പറയുന്നത് അപ്പൊ ഈ പറയുന്നത് എന്താണ് ആഗമത്തിലൂടെ ഉണ്ടാകുന്നത് ശരിയായ അറിവാണ് അത് ശരിയായ അറിവാണ് പക്ഷെ അതെന്ത് ചെയ്യുന്നു പ്രത്യക്ഷ പ്രമാണത്തെ അത് ബാധിക്കുന്നു പ്രത്യക്ഷത്തിലൂടെ ഉണ്ടാകുന്ന അറിവിനേയും ബാധിക്കും രണ്ടിനെയും പ്രത്യക്ഷത്തിലൂടെ ഉണ്ടാകുന്ന അറിവെന്താണ് ഇത് സത്യമെന്നാണ് ആഗമത്തിൽ നിന്നുണ്ടാകുന്ന ഞാനെന്തത് ആ അറിവിനെയും ബാധിക്കുന്നു അതാണ് ജ്യേഷ്ഠനെങ്കിലും ആ പ്രമാണത്തെയും ബാധിക്കുന്നു അപ്പോ അത് എന്ത് ചെയ്യുന്നു സ്വതപ്രമാണമാണ് അനപേക്ഷിതമാണ് ഒന്നിനെ ആശ്രയിക്കുന്നില്ലേത് ശ്രുതിയുള്ള ജ്ഞാനം അത് പ്രത്യക്ഷ പ്രമാണത്തെയും പ്രത്യക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തെയും അത് ബാധിക്കുന്നതിനാൽ മറ്റൊന്നിന്റെ സഹായം ആവശ്യം അതാണ് ദർശിച്ച പ്രമാണഭാവിക പ്രമാണഭാവം എന്ന് വെച്ചാൽ പ്രാമാണ്യം താത്വികമായ പ്രാമാണെന്ന് വെച്ചാൽ യാഥാർത്ഥ്യം അത് ഏതാണുള്ള ശ്രുതിയിലുള്ളത് അനപേക്ഷിത അത് പ്രത്യക്ഷത്തെ അപേക്ഷിക്കുന്നില്ല ർ അതിനെ ബാധിക്കുന്നതിനെ അപേക്ഷിക്കുന്നു അതിനെ അതിനെ അപേക്ഷിക്കാതെ തന്നെ എന്തു ചെയ്യാം അതിനെ ബാധിക്കും ഇക്കാര്യം ധരിച്ചതാണോ അടുത്ത സൂത്രം കാണിച്ചത് ഇത് പൂർവവിമാസയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എവിടെ നിര ദർശിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുള്ള പൂർവ്വ വിമർശനം എന്നിട്ട് അവിടത്തെ നിയമങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പൂർവത്തിനെ പരം ബാധിക്കുന്നു അതിനവിടത്തെ ഒരു നിയമം കൊണ്ടുവരുന്നു നേരത്തെ പറഞ്ഞു എന്താണോ ശ്രുതി പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നു പക്ഷെ ശ്രുതി താത്വിക പ്രാമാണ്യമുള്ള പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നു പരമാർത്ഥികമായ പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നു പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് അത് വ്യാവഹാരികമായ വ്യാഹാരി എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നുണ്ട് അതിനെ ആശ്രയിക്കുന്നുണ്ട് ശ്രുതി സ്വതന്ത്രമാണ് ആ ശ്രുതി എന്ത് ചെയ്യുന്നു അതിനെ അതിൽ നിന്നു അതിനാ പ്രമാണത്തെ അതിൽ നിന്നുണ്ടാകുന്ന അറിവിനെയും ബാധിക്കുന്നു കാരണം ഈ പ്രത്യക്ഷമെന്നു വരുന്നത് പരമാർത്ഥമാണ് അതുകൊണ്ട് അങ്ങനെ മനസ്സിലായി ശ്രുതി എന്ന് മനസ്സിലായി പൂർവ്വീമാംസയിലെന്താ പറയുന്നത് തഥാ പാരമർശം സൂത്രം ജയമിനി കാര്യം പറയുന്നത് എന്താണ് പൗർവാപര്യ പൂർവദൌർ പ്രകൃതിവത് പൗർവാപര്യം പൂർവാപരക്രമം വരുന്നിടത്ത് സൂത്ര ചെയ്താ പറയുന്നു പൂർവദൌർബല്യം പൂർവ്വം ദുർബലമാവും അപരം പിന്നീട് വരുന്നതിന് ബലം വരും ഇതോടെ പൂർവ്വവിമാനം ചർച്ച ചെയ്യുന്നത് അപച്ഛേദന്യായം അപച്ഛേദന്യായം എന്ന് പറഞ്ഞാല് അഗ്നിഷ്ഠോമം എന്ന് പറയുന്ന കർമ്മം വൈദിക കർമ്മമാണ് അതില് പ്രാതസവനം എന്ന് പറയുന്ന ഒരു കർമ്മമാണ് അത് മീമാംസയുടെ പണികളാണ് അതിന് പൗമാന സ്തോത്രം എന്ന് പറയുന്നൊരു സ്തോത്രം രാവിലെ ചൊല്ലണം ഈ യജ്ഞം നടത്തുന്നവരെന്താ പറയുന്നത് അതിന്റെ കർമ്മികളെ തിരുത്തിക്കുകൾ നമ്മള് പൂജാരിമാരെന്ന് പറയുന്നത് നിർത്തിക്കുക എന്നാ പറയുന്നത് അവരാണ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യണം രാവിലെ ഈ പൗമാന സ്ത്രോത്രം ചെല്ലാൻ വേണ്ടി യജ്ഞശാലയിൽ നിന്ന് പുറത്തിറങ്ങി ഒന്നിനു പുറകെ ഒന്നായി നടന്ന് ഇത് ചൊല്ലുന്നു കുറുമ്പ് പോകുന്നതുപോലെ പോണു പിങ്ക് ഒരാളുടെ പിറകില് വേറെ ആൾ അയാളുടെ പിറകില് വേറൊരാള അങ്ങനെ നിർത്തിക്കുള്ള ഓരോ യാഗത്തിന് ചില അഞ്ച് എട്ട് കാണും പല കണക്കാണും ഒരേ കണക്കാണ് ഓരോരുത്തർക്കും ഓരോ പേര് കാണും പ്രതിഹർത്തങ്ങനെയൊക്കെ ഓരോ പേരുണ്ട് ഓരോരുത്തർക്കും അതിങ്ങനെ വരിയായിട്ട് പോകുമ്പം മുമ്പ് ഓരോരുത്തേക്ക് പോകും അയാളുടെ പിറകിൽ പോകുന്ന അയാളുടെ പേരാണ് ഉദ്ഘാതാവും ഇയാളാണ് സാറിന് സാമഗാനം ഒക്കെ ഉച്ചത്തി പാടുന്നത് അതിന്റെ പിറകെ ഒരാൾ പോകും അയാളുടെ പേരാണ് പ്രതിഹർത്താവും ഇവരിങ്ങനെ പോകുമ്പം ഇതൊക്കെ വേദത്തില ഈ കാര്യങ്ങൾ ചടങ്ങുകൾ വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ പൂജാപ്രായം കാണിക്കാറില്ല ഇതുപോലെ തന്നെ പണ്ട് അവരും ചെയ്തിരുന്നു കൊറേ നൂലൊക്കെ എടുത്ത് കൂടത്തിലൊക്കെ കട്ടി ഇങ്ങനെ കരിഞ്ഞ് കുറെ വ്യതയെന്ന് വെച്ച് എന്തൊക്കെയോ കാണിച്ചിട്ട് ആൾക്കാർ വിചാരിക്കും എന്തോ ഒക്കെ ഇവിടെ സംഭവിക്കാൻ പോയാണ് എന്നിട്ട് അവര് ഇവരെയൊക്കെ മോശം നമ്മൾ അറിയാം നമ്മളും അതൊക്കെ തന്നെ അനുകരിച്ച് ചെയ്യുന്നതാണ് പണ്ട് അവര് തുടങ്ങി വെച്ചാണ് വരെ ഇങ്ങനെ ഈ പൗമാന സ്ത്രോത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്തുന്ന ശാലയുടെ പുറത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഒരാളുടെ പിറകെ ഒരാളുടെ പുറകെ പോകും നമ്പി പോകുന്ന ഇർത്തിന്റെ പിറകെ ആളുടെ പേരെന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു മറന്നാ കഴിഞ്ഞു നടക്കുന്നു ഏഹ് ഉദ്ഘാദാവും അതിന്റെ ആളുടെ പേരെന്താണ് ഏ എന്താണ് പ്രതിഹർത്താവും മറന്നുപോയേ പറ്റൂ യുവമാരി നടക്കുമ്പം ഈ ഒരുത്തൻ ഈ പുദ്ഗാതാവ് വേറെ തൻ്റെ പറയലാണ് വരുന്നത് പൂദ്ഘാതവും മറ്റെന്താ ഈ മുണ്ടിന്റെ കോന്തലയിൽ ഇങ്ങനെ പിടിക്കണം ഈ മുണ്ട് കുത്തി കൊടുക്കുമല്ലോ പൂജാരിമാരൊക്കെ നമ്മളെ പൂജാരിമാരും ബ്രാഹ്മണനാകാൻ വേണ്ടിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്ത് ഒരു വേഷം കെട്ടിയാലേ ബ്രാഹ്മണനാകുമെന്നാണ് അപ്പൊ ഇവരൊക്കെ കുത്തി ആൾക്കാരാണ് ട്ടിച്ച സ്വാമിയായപ്പോ നിർത്തി എന്നുള്ളത് അങ്ങനെ മറ്റുള്ളവർ കൊണ്ട് ചെയ്യിക്കും ഈ മുണ്ടിന്റെ ഒരുത്തന്റെ ഈ തുമ്പോ തുണ്ടര പോകുമ്പോൾ അമ്മമാരുടെ സാരിമാര് പിടിച്ചോണ്ടാക്കത്തേക്ക് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കൊച്ചു കുളരുണ്ടെങ്കിൽ സാരി തുമ്പി തൂങ്ങി പോകത്തേ അതുപോലെ മുമ്പേ പോകുന്ന ഈ മുണ്ടിന്റെ കോന്തരും പിടിച്ചുകൊണ്ടാണ് പാട്ട് പാടാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടി കാണിച്ചു കൂട്ടുന്ന കണന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് അതിന് വേറെ സമാധാനമൊന്നുമില്ല അതിന്റെ പിറകെ പോകുന്ന പ്രതികർത്താവ് എന്തു ചെയ്യണം ഈ മുമ്പേ പോകുന്നു എന്റെ പുളിയുടെ അറ്റത്ത് പിടിക്കുക ആരുടെ ഉദ്ഘാട ഇങ്ങനെ ഒരു ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും കാരണം വെച്ചാല് ഈ മുമ്പേ പോകുന്നു എന്റെ പിടി വിട്ടുപോയാ മുമ്പേ പോകുന്നവര് ഉദ്ഘാദാവും അവന്റെ പിടി വിട്ടുപോയിക്കഴിഞ്ഞാൽ കർമ്മം അവിടെ നിർത്തണം ദക്ഷിണ വാങ്ങാൻ പാടില്ല പിന്നെ ഒന്നേന്ന് തുടങ്ങും ഒന്നേന്ന് തുടങ്ങി മുഴുവൻ പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം ദക്ഷിണ എത്രയാണോ ദക്ഷിണ അത് വാങ്ങിക്കുക അത് ലിസ്റ്റ് നിങ്ങളെപ്പോലെ തന്നെ അത് കഴിഞ്ഞ് നേരത്തെ കൊടുത്തിരിക്കും അതെല്ലാം വാങ്ങിക്കാം അതൊക്കെ പറഞ്ഞു വയ്ക്കും നേരത്തെ അതിനൊന്നും പിന്നെ സംശയമുള്ള കാര്യങ്ങളല്ല ഇതാണ് ഇത് മുമ്പേ പോകുന്നു എന്റെ പിടി വിട്ടാൽ നീ എന്റെ പിറകെ വേരത്തെ ഉണ്ടല്ലോ ഇവരെ ക്രമാട്ടല്ലേ പോകുന്നു ഈ പ്രതികർത്താവന്റെ പിടി വിട്ടു പോയാലോ ചിലപ്പോ അവൻ ഇപ്പൊടി വിട്ടുപോകാം പിടി വിട്ടു പോകാൻ ചിലപ്പോൾ ചെയ്യാം രണ്ട് സംഭവിക്കും അതൊക്കെ ഒന്ന് വിട്ടാൽ കുഴപ്പമൊന്നുമില്ല വിട്ടുകഴിഞ്ഞാൽ സംഭവിക്കുന്നു ഇതിൻ്റെ പിറകെ പോകുന്നുണ്ട് യജ്ഞം പൂർത്തിയാക്കണം യജ്ഞത്തിന്റെ യജമാൻ യജമാൻ എന്ന് പറഞ്ഞാരാണ് ഏ കാശ മുടക്കുന്നയാളാണ് യജമാനൻ അതൊക്കെ അറിഞ്ഞിരിക്കണം രസീത് എഴുതുന്നല്ലേ അയാളാണ് യജമാനൻ യജമാനന് സർവസ്വ ദക്ഷിണ കൊടുക്കണം യാഗം പൂർത്തിയായി കഴിഞ്ഞ സർവസ്വദക്ഷിണെന്നു വെച്ചാൽ അവന്റെ ഓണം വരെ ആഴ്ച കൊടുക്കേണ്ടി വരും ചോദിച്ചാ കൊടുക്കണം എന്ത് ചെയ്താല് ഈ പിറകെ പോകുന്നവൻ പിടിവിട്ടാ ഇതാണ് യാഗത്തിന്റെ നിയമം മുമ്പേ പോകുന്നവൻ പിടിവിട്ട് കഴിഞ്ഞ എന്തു ചെയ്യണം ഏ യാഗം അവിടെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും ആദ്യം പൂർത്തിയാക്കി അവന്റെ ദക്ഷിണ കൊടുത്താൽ മതി പിറകെ വരുന്നവനാണ് വിടുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഏ മനഃപ്പൂർവ്വം വിടുന്നതല്ല അങ്ങനെ സർവ്വസ്പദക്ഷിണമുണ്ട് ഇവിടെ വേറൊരു പ്രശ്നം വരുന്നു എന്താണ് ആദ്യം മുമ്പോ പോകുന്നവുമിട്ട് രണ്ടാമത് പിറകെ പോകുന്നവൻ വിട്ട് എന്ത് ചെയ്യും ഇതാണ് അവിടുത്തെ ചിന്ത മീമാംസയില് ചർച്ച ചെയ്യുന്ന മുഴുവൻ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് മീമാംസ പഠിക്കാമെന്നോ അവരിങ്ങനെ പോവുകയാണ് മുമ്പേ ഉള്ളവന്റെ പിടിവെട്ട് ആരുടെ ആ ഒരു പിടിവിട്ട് ഇത് കണ്ടോ പരിഭ്രമിച്ചോ ഇങ്ങനെ പ്രകുന്നവരും എന്ത് ചെയ്തു പ്രതികർത്താവും പിടിവിട്ടു രണ്ടുപേരും പിടികൂട്ടാൻ എന്ത് ചെയ്യണം മുമ്പോയി പോകുന്ന പിടിവിട്ടാലുള്ള നിയമം അനുസരിച്ചാണെങ്കിൽ യാഗം അവിടെ അവസാനിപ്പിച്ചിട്ട് ദക്ഷിണമെടുത്താൽ പക്ഷെ മറ്റേ നിയമം അനുസരിച്ചാണെങ്കി എന്ത് ചെയ്യണം യാഗം പൂർത്തിയാക്കിയിട്ട് സർവസ്വ ദക്ഷിണമെടുക്കുന്നത് എന്ത് ചെയ്യും കുഴഞ്ഞ പ്രശ്നമാണ് ആർക്ക് നമുക്ക് അവർക്കൊരു പ്രശ്നമില്ല മീമാംസകൾ പറയുന്നത് എന്താണ് അതാണ് പറഞ്ഞ പൂർവാത് പരബലീയം പൂർവത്തെക്കാൾ ബലം പരത്തിനാണ് മുമ്പും വിടുന്നു ഇതിനെക്കാൾ ബലം കൂടുതലായവനാണ് പരകെ വിടുന്നവൻ അപ്പൊ അവിടെ എന്തു ചെയ്യണം സർവസേഷും സംശയം എന്താണ് ഇപ്പൊ കോളടിച്ചാർക്ക് കാശു പോയത് ഏ കാച്ചു കൊടുക്കുന്നവന്റെ കാഴ്ച പോയി നീ തീരുമാനം ഇതാണ് മുമ്പേ പോകുന്നവൻ വിട്ടിറ്റ് ഉദ്ദാദാവ് പിടിവിട്ടതിന് ശേഷം പിടുത്തകർത്താവ് പിടിവിടുകയാണെങ്കിൽ പൂർവാധ പരബലിയെത്തും മുമ്പിലുള്ളതിനെക്കാളും ബലവേദനാണ് പിൻപിലുള്ളതിനാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നിയമം ഒന്നാമത്ത നീയുമാണ് എന്ന് ചോദിച്ചാൽ ആ യാഗം പൂർത്തിയാക്കിയിട്ട് യജമാനം സർവസ്വദക്ഷിണയും കൊടുക്കും അപ്പൊ സർവസ്വ ദക്ഷിണ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഏകൊന്നും വിട്ടാൽ മതി അബദ്ധത്തിപ്പെടുന്നു എന്നാണ് പുസ്തകത്തിനെഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ യോന്മാരെ ആൾക്കാരെ പറ്റിക്കുന്ന എങ്ങനെയാണെന്നോ അത് ഇതുകൊണ്ട് കൊള്ളിക്കുന്നേടെ ദക്ഷിണയിലാണ് സർവസ്വ ദക്ഷിണയിലാണ് ഇതുകൊണ്ട് കൊള്ളിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ ഇവിടുത്തേക്ക് പിടിവിട്ടാ സർവസ്വദക്ഷിണ എന്നാണ് പറയുന്നത് ഇതിങ്ങനെ പറഞ്ഞുകഴിഞ്ഞപ്പം പണ്ടത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഭാഷയിലാണ് ആ ഭാഷ അപ്പൊ ചെല ചെല്ലാ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരൊന്നല്ലോ ചിലർ അവിടെ ചിരിച്ചിരുന്നു കേട്ടപ്പോൾ ഇതെന്തോ ഒരു തട്ടിപ്പാണല്ലോ ഇത് ഇതിന് പിടിവിട്ടു പോയാൽ യാഗം നടത്തുന്ന മുഴുവൻ എല്ലാം ദക്ഷിണ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെ ശരിയാവും ഇത് സർവസ്വദക്ഷിണന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെന്നൊക്കെ പറയും അനന്തവാഹികൾട്ടെ ഇതൊക്കെ പിന്നെ തർക്കവിതർക്കങ്ങളുണ്ട് കേട്ടോ എന്തായാലും സർവസ്വദക്ഷിണെന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ പഠിപ്പിച്ചാണ് ദേഷ്യം മുന്നേ പിന്നെ ഋഷിമാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത് തമാശയൊന്നും അല്ല ചിരിക്കാനൊന്നും പാടില്ല ഇതൊക്കെ എന്താണോ പരമമായ സത്യമാണ് അത് എഴുതിയിരിക്കുന്നേ പരമഹർഷി പ്രണീതം സൂത്രം പരമഹർഷിയാണ് പറഞ്ഞിരിക്കുന്നത് ചിരിക്കാനൊന്നും പാടുള്ളന്ന് പറഞ്ഞ് ചിരിച്ചവരെയൊക്കെ അടിച്ചിരുത്തി ഞാൻ ചിരിക്കാതിരുന്നോണ്ട് എനിക്ക് നല്ല മാർഗം കിട്ടി ഇതിനെയാണ് അപച്ഛേദന്യായം എന്ന് പറയുന്നത് ഇവിടെയാണ് പൂർവത്തെക്കാൾ പരത്തിന് ബലമെന്ന് പറയുന്നതാണ് അതായത് ആ യാഗം അവസാനിപ്പിച്ച് വീണ്ടും ചെയ്ത് ദക്ഷിണോടുക്കണമോ അതോ യാഗം തന്നെ അവസാനിപ്പിച്ചിട്ട് സർവസ്വദക്ഷിണോടോ പരം പരകെ വന്നി പിടിയിട്ടുണ്ട് അതിനാണ് ബലം സർവസ്വദക്ഷി അതോ പറഞ്ഞിരിക്കുന്നത് എന്ത് പൂർവ്വാപലി പൂർവ്വവും പരവും വരും ഇവിടെ പൂർവ്വം വരുന്നതു ഉദ്ഗാതാവിന്റെ പിടിപെടൽ പരം വരുന്ന പ്രതികർത്താവിന്റെ പിടിപെടൽ അതിൽ പൂർവ്വദൌർബല്യം പൂർവം ഉദ്ഗാതാവിന്റെ പിടിപെടലിനെ ദുർബലമാണ് പിന്നെ ഏതെടുക്കണം പരമെന്ന് വെച്ചാൽ ഏതാണോ സർവസ്വ ദക്ഷിണയെ കൊണ്ടെത്തിക്കുന്നത് ഇതിനൊക്കെ വേദവാക്യങ്ങളുണ്ട് ഇത് വെറുതെ ഇങ്ങനെ കഥ പറയുമ്പോൾ പറയുന്നതല്ല വേദവാക്യങ്ങളുണ്ട് ഉദ്ഘാദ അപച്ഛിദ് അദക്ഷിന് വേദം എന്താ പറയുക അപച്ഛി അപച്ഛേദം ചപ്പിടി വിടുക എന്താണ് പറയുന്നു കേൾക്കുന്നില്ല അദക്ഷിന യജേത ഇതാണ് വേദവാക്യം വെറുതെ പറയുന്ന ഞങ്ങളിങ്ങനെ മനസ്സിലുണ്ടാക്കി പറഞ്ഞു ഇതൊക്കെ വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതിനെയാണ് നമ്മുടെ കൈഎസ്ആറോയുടെ ചേമ പറഞ്ഞ എല്ലാ സയൻസും വേദത്തിലുണ്ട് മനസ്സിലായോ ദേവന്മാരൊക്കെ ഇതുവരും വായിച്ചിട്ടാണ് ഈ പൊട്ടത്തരങ്ങളൊക്കെ വായിച്ചിട്ടാണോ പറയുന്നത് ഇതാണ് വേദത്തിലെ സയൻസ് തട്ടിപ്പ് സൂത്രങ്ങൾ നമ്മളെ ഈ കാട്ടിക്കൂട്ടുന്നതിന്റെ ഒരു ചെറിയ പതിപ്പാണ് മനസ്സിലായ ഇതിന്റെ ഒരു ചെറിയ പതിപ്പ് പണ്ട് ഇവര് ഇങ്ങനെ കുറെ കാട്ടിക്കുട്ടിയുണ്ട് വരുമാനാണോ ഇന്നും ആൾക്കാർ ഇതൊക്കെ ഇതിന്നൊക്കെ വരുമാനമുണ്ട് കുഴപ്പമില്ല പിന്നെ എന്താണ് ഇതൊക്കെ വിശ്വസിക്കുന്ന ബ്രെയിൻ ഉള്ള കുറെ മനുഷ്യരുണ്ട് പിന്നെ ഇതൊക്കെ നടക്കട്ടെ കുഴപ്പമൊന്നുമില്ല അവരെന്തായാലും അവർക്ക് ഇതൊക്കെ വേണം അപ്പൊ ഇതൊക്കെ നടന്നോട്ടെ എന്നിവ പറയാൻ പറ്റും പക്ഷെ ഇത് ഇതെങ്ങനെ തുടങ്ങിയെന്നറിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ രസം പിടികിട്ടുന്നത് ഇതൊക്കെ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് പിന്നെ എന്താണ് പ്രകൃതിബത്തം എന്ന് പറഞ്ഞു അതിന് മറ്റൊരു ഉദാഹരണം എടുക്കും ഈ ഉദാഹരണം കൂടാതെ ഈ ഉദാഹരണം ഒരുപാട് ഇനിയും പരന്നെടുത്ത് ചർച്ച ചെയ്യുന്നതാണ് ഈ അപച്ചയതന്യായ പരത്തിന് ബലം വരുന്നതും പൂർവത്തിന് ദൌർബല്യം വരുന്നതും ഉണ്ട് ശ്രുതിലിംഗപ്രകടന സ്ഥാന സമാഖ്യാന സമവായ പരദൌർബല്യം കേട്ടിട്ടുണ്ടു ഇത് പൂർവത്തിന് ബലം കുറയുന്നത് ചെറുടത്ത പൂർവ്വത്തിന് ബലം വരുന്നതും ഉണ്ട് ഇപ്പൊ ഇവിടെ എന്താണ് ഈ പ്രകൃതിപഥെന്ന് പറയുന്ന വേറെ ഉദാഹരണമാണ് പ്രകൃതിപദ് പ്രകൃതി കർത്തവ്യം ഒരു പ്രകൃതിയാഗമെന്ന് പറഞ്ഞാൽ എത്ര സമഗ്ര അംഗോപദേശ പ്രകൃതി എവിടെയാണോ അംഗങ്ങളെല്ലാം പൂർണമായും പറഞ്ഞിരിക്കുന്നതാണ് പ്രകൃതി അത് പറയാത്തത് വികൃതി എന്നും പറയും ഒരു യാഗത്തിനുള്ളൊരു പ്രകൃതിയാണോ അതിനോടൊപ്പം ചെയ്യേണ്ടതെന്നർത്ഥം ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഈ മാസത്തിൽ പോയി മനസ്സിലാക്കേണ്ടി വരും പ്രകൃതിയാഗത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചടങ്ങുകളും വികൃതിയാകത്തിൽ പറയത്തില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവിടെ പറയും പ്രകൃതിവദ് വികൃതി കർത്തവ്യ വികൃ എന്താണ് പ്രകൃതിയുടെ വേദത്തിൽ ആ പ്രകടനത്തിലായിരിക്കും വികൃതിയും പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്രകൃതി ചെയ്യുന്ന പോലെ വികൃതിയും ചെയ്യണം അപ്പോ പ്രകൃതിയില് ഉപയോഗിക്കാൻ പറഞ്ഞു കുശപ്പുല്ല് അപ്പോ കുശപ്പുല്ല് ഉപയോഗിച്ച് വേണം വികൃതിയിലും കാരണം പ്രകൃതി പറഞ്ഞു വികൃതി ചെയ്യണം മെയിനില് പറഞ്ഞതെന്ത് ചെയ്യണം സബിലും ചെയ്യണം പക്ഷെ വാക്യമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ ശരം ഉപയോഗിക്കുക ശരമെന്ന് വെച്ചാൽ ആമപ്പുല് ആമ പുല്ലെന്നു പറഞ്ഞു ആറ്റിൻ്റെ തോട്ടീരാണ് കുറച്ചുകൂടെ നീളമുള്ളതും ഉശബോലെ ഇരിക്കുന്നതുമാണ് അപ്പം ശരം ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നു പ്രകൃതിക്കനുസരിച്ച് വികൃതി ചെയ്തു ചെയ്യണമെന്നുള്ള നിയമം അനുസരിച്ചാണെങ്കിൽ വികൃതിയിലും ഉശ ഉപയോഗിക്കും പക്ഷെ വികൃതിയിൽ പ്രത്യേകിച്ച് ശരം ഉപയോഗിക്കാൻ ശരം പുല്ലാണ് പറഞ്ഞിരിക്കുന്നോണ്ട് എന്ത് ചെയ്യുന്നു അവിടെ അത് വിധിയാണ് അതിനാണ് പ്രാധാന്യം അപ്പൊ പൂർവ്വത്തേക്കാൾ ഇവിടെ പരത്തിന് ബ്രഹ്മ അപ്പ അവിടെ ശരം തന്നെ ഉപയോഗിക്കണം പൂർവ്വം ഏതാണ് പൂർവ്വം ഏതാണ് കുശ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാണ് പൂർവം പരം ഏതാണ് ശരം ഉപയോഗിക്കണമെന്ന് അപ്പൊ പൂർവ്വത്തേക്കാൾ പരം അതിന് ബലം വരുന്നതുകൊണ്ട് ഇവിടെ എന്തുപയോഗിക്കണം ശരം ഉശ വരുന്ന പ്രകൃതിയില് ശരം വരുന്ന വികൃതിയിൽ അപ്പൊ പ്രകൃതിയിൽ ഉപയോഗിക്കുന്ന പ്രകൃതി പോലെ വികൃതിയും ചെയ്യണമെന്നാണ് സാമാന്യ നിയമം ആ നിയമം ഇരിക്കാതെ തന്നെ വികൃതിയിൽ പ്രത്യേകിച്ചൊരു വിധി വന്നു എന്താണ് ശരം ഉപയോഗിക്കാം അതാണ് അപ്പൊ എന്ത് ചെയ്യണം ബർഹി തൃണാദി എന്ന് പ്രത്യേകം വിധിച്ചിരിക്കുകയാണ് പ്രകൃതിയിൽ ഇപ്പൊ എന്തു ചെയ്യണം കുശമയം ബർഹിഹി തൃണാദി എന്നാണ് പ്രകൃതി പറഞ്ഞിരിക്കുന്നത് കുശമയം ബർഹിഹി തൃണ എന്നുവെച്ചവിടെ ബർഹി ദർഭമുഷ്ടി ഉണ്ടാക്കി അത് അതിന്റെ ചടങ്ങുകൾ അതൊന്നും നമ്മള് പറയേണ്ട കാര്യമില്ല കുശമയമായ ബർഹി ഉണ്ടാക്കണം ദർഭമുഷ്ടി ഉണ്ടാക്കണം ചൂല് കെട്ടുന്ന പോലെ കട്ടി കിടക്കുന്ന അതവിടെ ഉപയോഗിക്കണോന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ വന്നപ്പോ എന്ത് ചെയ്തു അതിന്റെ വികൃതിയിൽ വന്നപ്പോ പറഞ്ഞു എന്താണ് ശരമയം ബർഹി തൃണാദി അപ്പൊ ഇത് വിധിയായേണ്ട ഇത് ചെയ്യണം അപ്പൊ പൂർവ്വത്തേക്കാൾ ബല ഏതിനോന്നു ശരത്തിനോ മാതാണ് പ്രകൃതിബത്വം എന്ന് പറയുന്നത് ഇതൊക്കെ പറയുന്ന എന്തിനാ പൂർവത്തേക്കാൾ ബലം പരത്തിനാണ് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനായിരിക്കുന്ന പ്രത്യക്ഷത്തേക്കാൾ ബലമാർക്കാണ് പ്രത്യക്ഷത്തേക്കാൾ ബലം ശ്രുതിക്കാണെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ന്യായം ഇതിന് ന്യായം എന്നാണ് പറയുന്നത് എന്താണ് വേദത്തിൽ നിന്നൊരു പൊട്ടത്തരം എടുത്തിട്ടാണ് ഇതാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം വേദത്തിലിങ്ങനെ കർമ്മങ്ങളിൽ ഇങ്ങനെ പൂർവ്വവും വരവും തമ്മിൽ പരത്തിന് വരവുണ്ടെന്ന് വിചാരിച്ച് പ്രത്യക്ഷവും ശ്രുതിയുമായിട്ട് എന്താ ബന്ധം പക്ഷെ ഇത്തരം ന്യായങ്ങളിലൂടെയാണ് ഇതൊക്കെ സമർത്ഥിക്കുക ഇതൊരു പഴയ രീതി അന്ന് ഇതൊക്കെ എല്ലാവർക്കും സമ്മതമായിരുന്നു ഇന്നിതെന്നും ആരോടും പറയാൻ പറ്റില്ല നിങ്ങൾ എന്താണ് കുശ ഉപയോഗിക്കുന്നു ശരം ഉപയോഗിക്കുന്നു ഇടി വിടുന്നു ഇപ്പം വിടുന്നില്ലേ ഇതൊന്നും വെച്ച് ഇത്തരം കാര്യങ്ങൾ ഇന്നു പറ്റത്തില്ല പണ്ട് മതി ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ ബ്രഹ്മം ഉണ്ടെന്ന് അംഗീകരിച്ചോളൂ ഇന്നിതെന്നും കൊണ്ട് ബ്രഹ്മം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നടക്കുന്ന കാര്യം പഴയ രീതി ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിരിക്കണം ബ്രഹ്മം പെട്ടെന്നു ദിവസം പ്രത്യക്ഷപ്പെട്ടായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ട് വിവരണ്ടും മറിഞ്ഞൊക്കെ വന്നതാണ് ആ കഷ്ടപ്പാടുകളാണ് എന്നറിഞ്ഞിരിക്കണം അടുത്ത്